അവർക്കു മുൻപ് എത്രയോ തലമുറകളെ ഞങ്ങൾ നശിപ്പിച്ചത് അവർ കണ്ടില്ലേ നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയതിനേക്കാൾ കൂടുതൽ ഭൂമിയിൽ ഞങ്ങളവർക്ക് അധികാരം നൽകിയിരുന്നു ഞങ്ങൾ അവർക്കുമേൽ സമൃദ്ധമായി മഴ പെയ്ച്ചു അവരുടെ താഴെയായി അരുവികൾ ഒഴുകുന്നതാക്കി മാറ്റി എന്നാൽ അവരുടെ പാപങ്ങൾ കാരണം ഞങ്ങളവരെ നശിപ്പിച്ചു പിന്നീട് ശേഷം മറ്റൊരു തലമുറയെ ഞങ്ങൾ സൃഷ്ടിച്ചു